ओम अंतरायति शांतये शांत पावनम तम േ ശാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ന്തില മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേ മഹേശ്വര ഗുരുസാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാത്തേ ദക്ഷിണമൂർത്തരി ഓർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിധ്യേ വഹാഭാരതം അദ്വൈതമൃതവർഷിണവധ്യംബനുസാ ഭഗവദ്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധേ एनत्वया ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ്രപന്നിജാതോത്രവേത്രൈകണയീനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനമഹം വസുദേവത കംസ ചാണൂരമർദന ദമാനന്ദം ഷ്ണേ ജഗദ്ഗുരു മൂക്കം കോതി വാചാ പങ്കു ലംഘയേ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻവി ദിവ്യൈ സ്തൈ വേദസ്രമോപനിഷദൈർ ഗായ ദ്ഗ്യോ തന്നുസുരാസുരഗണാസ്മൈ നമ പാർസാരത്തിരുപേണുഭിരം പാർത്ഥസർത്തിയവൂർത്തി പാതുന ഓ ശ്രദ്ധാത്രേയ വിഭാഗയോഗം എന്ന ഈ പതിനേഴാമത്തെ അധ്യായത്തില് മുഖ്യ സാധനം ശ്രദ്ധയാണ് ആ എന്നുള്ളതിനെ നിർവചനം കൊടുത്തു निगमाचार्य भक्ति നിഗമാചാര്യവാക്യേഷു ഭക്തി ശ്രദ്ധേതി വിശ്രുത്തിലും വേദാന്തശാസ്ത്രത്തിലും ഗുരുവചനത്തിലും ഉണ്ടാകുന്ന ഭക്തിക്ക് ശ്രദ്ധ എന്നു പേര് യൂപലഭ്യത്തെ അശ്രദ്ധ ഉള്ളിലുള്ളപ്പോ ആത്മതത്വം ഗുരുമുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്ക് സാക്ഷാത്കാരം ഉണ്ടാവണം അതിന് ശ്രദ്ധ മൂലകാരണമായിട്ട് മുഖ്യകാരണമായിട്ടിരിക്കണു ഈ ശ്രദ്ധ എങ്ങനെ വരും തപസ്സുകൊണ്ട് ശ്രദ്ധ ജാഗ്രതമാവുന്നു അപ്പൊ തപസ് എന്താണ് തപസ്സുകൊണ്ട് ശ്രദ്ധ ശുദ്ധീകരിക്കപ്പെടുകയാണ് തമോ ഗുണമായ ശ്രദ്ധ രജോ ഗുണമായ ശ്രദ്ധ സത്വഗുണമായ ശ്രദ്ധയായി മാറുകയാണ് അപ്പൊ ആ തപസ്സിനെ ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടുവന്നു ഈ അധ്യായത്തിലെ ശ്രദ്ധാത്രയവിഭാഗയോഗം ഇതിൽ ആഹാരത്തിന്റെ മൂന്ന് ഭേദമും യജ്ഞത്തിന്റെ മൂന്ന് വകുപ്പും തപസിന്റെ ത്രൈവിധ്യമും എല്ലാം പറഞ്ഞു ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് കണ്ടത് ശാരീരിക തപസ് വാചിക തപസ് മാനസ തപസ് കായികം വാചികം മാനസം ജഗുരുജ്ജനംസേഗകരം വാക്യം സത്യം പ്രിയഹിതം സ്വാധ്യയാഭ്യസനം വാങ്മയം തപ ഉച്ച മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോ മാനസമുച്ഛ്യത്തെ ഈ മൂന്ന് ശ്ലോകങ്ങളില് തപസ്സിനെ കണ്ടു നമ്മളിപ്പോ ചെയ്യണത് ഒരു തപസ്സാണ് സ്വാധ്യയാഭ്യസനമാണത് സ്വാധ്യായത്തിനെ അഭ്യസിക്കുകയാണ് ഗീത കേൾക്കണു ശ്ലോകാർത്ഥത്തിനെ അനുസന്ധാനം ചെയ്യണോ വേദാന്തർത്ഥ വിചാരേണ ജാതെ ജ്ഞാനമുത്തമം തേനാത്യന്തിക സംസാരദുഃഖനാശോ വിചാരം ചെയ്യാൻ ഒരു സന്ദർഭം ഉണ്ടാവുകയാണ് ഇപ്പോ ശ്രവണം ചെയ്യാണ് ശ്രവണത്തിന് ഫലം എന്താ ഭാഗവതം മുഴുവൻ ശ്രവണമാണ് ഭാഗവതം തുടങ്ങുമ്പോഴേ പറഞ്ഞു ശുശ്രൂഷുബി തക്ഷണാത് ഭഗവത്സാക്ഷാത്കാരം എപ്പോ ഉണ്ടാവും എന്നുവച്ചാൽ സദ്യോഹൃ അവരുദ്ധ്യതേത്ര കൃതിബിഹി ശുശ്രൂഷുബി തക്ഷണാത് ഈശ്വരൻ ആ ക്ഷണത്തില് തന്നെ കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു സദ്യോമുക്തി കാരണം എന്താ ഈശ്വരൻ ആത്മാവാണ് ആത്മസ്വരൂപിയായി സദാസിദ്ധമായ വസ്തുവായി ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് യാക്ഷാത്ത് അപരോക്ഷാത് ബ്രഹ്മം സർവാനുഭൂഹു എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എല്ലാവരും ഞാനുണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഈ അനുഭവം ഇല്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും അവനവന്റെ ഇരുപ്പ് അവനവന്റെ ബോധം അഹം ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും സിദ്ധമാണ് ശാസ്ത്രമോ ഗുരുവോ ചെയ്യുന്ന കാര്യമെന്താ നമ്മളുടെ ശ്രദ്ധയെ നിത്യസിദ്ധമായ അനുഭവത്തിലേക്ക് തിരിച്ചുവിടാണ് സിദ്ധമായുള്ള പൊരുളൈ തേർന്ന് ഇരുത്തൽ സിദ്ധി പിറസിദ്ധിയെല്ലാം സ്വപ്നമാസിദ്ധികളെ ഭഗവാൻ രമണ മഹർഷി ഉള്ളതിനാർപ്പത്തിൽ ഒരു ശ്ലോകം സിദ്ധമായിട്ടുള്ള വസ്തുവിനെ തെളിഞ്ഞ് കണ്ട് അറിഞ്ഞ് നിഷ്ടമായിരിക്കണതാണ് സിദ്ധി പിറസിദ്ധിയെല്ലാം മനസ്സുപയോഗിച്ച് ആക്ഷൻ കൊണ്ട് ആസ് ദി ഇഫക്ട് ഓഫ് സം ആക്ഷൻ എന്ത് കിട്ടണമോ അതൊക്കെ തന്നെ സ്വപ്നം പോലെ കുറച്ചു നേരം ഇരിക്കും പോയി പോകും നേടിയെടുക്കുന്നതൊക്കെ പോയി പോകണു ഫിസിക്കലായിട്ട് ശരീര ശരീരത്തിന് ആരോഗ്യം നേടിയെടുത്ത് കുറച്ചു കഴിഞ്ഞാൽ പോയി മനസ്സിനൊരു സുഖമായ ഒരു അവസ്ഥ ഉണ്ടായി കുറച്ച് കഴിഞ്ഞാൽ പോയി അങ്ങനെയുള്ള പോക്കുവരവുള്ള അവസ്ഥകളൊക്കെ വിട്ടിട്ട് പോക്കുവരവില്ലാത്ത നിത്യസിദ്ധമായ അനുഭവത്തിനെ അന്വേഷിക്കുന്ന ആളെയാണ് സാധകൻ എന്ന് പറയണത് വിവേകി ഈ അല്പഅല്പമായ അനിത്യ അനുഭവങ്ങൾ വേണ്ട എനിക്ക് നിത്യമായ സത്യം വേണം ആത്മാനുഭവം വേണം അപ്പൊ എന്തു വേണം ശ്രോതവ്യഹാം മന്തവ്യഹ നിതിധ്യാസിതവ്യഹാം ശ്രവണം ചെയ്യും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിലെ വിതുരർ ഭാരതം മുഴുവൻ നടന്ന അവസാന മുപ്പത്തിയാറ് വർഷം നടന്ന ഹരിദ്വാരത്തിൽ മൈത്രേയ മഹർഷിയെ കണ്ട് എനിക്ക് പറഞ്ഞു തരൂ യർണനാടീം പുരുഷസ്സെയാഥവപ്രദാം ഗേഹരത്തിനു ആ ഭഗവത് കഥ എന്റെ ചെവിയുടെ ഉള്ളിലേക്ക് പോയാൽ ഈ അജ്ഞാനത്തിന്റെ വേരറുത്തുകളെയും സംസാര ദുഃഖത്തിനു മൂല ഈ വേര് ആ വേരറുത്തുകളെയും അതുകൊണ്ട് ഗേഹരത്തിൻ അതുകൊണ്ട് എനിക്ക് ഭഗവത് കഥ പറഞ്ഞു തരൂ ഗായത്താം വിഷ്ണുഗാഥാ ഭഗവാന്റെ കഥാ ഭക്തി കഥ എന്ന് പറഞ്ഞ സ്റ്റോറി കഥ എന്ന് പറഞ്ഞ ഭഗവത് തത്വം കഥ എന്ന് പറഞ്ഞ കഥിക്കപ്പെടുന്നത് സ്വാനുഭവത്തിൽ വരുന്ന വിഷയത്തിനെ പൊറത്തേക്ക് വരണതാണ് കഥ ഗീതയും കഥയാണ് ഉപനിഷത്തും കഥയാണ് നമ്മ തമിഴ് സമ്പ്രദായത്തിലെ നെ പേർക്ക് വന്ന് എല്ലാം കഥ ചല് കേട്ട കൊഞ്ചം കുറച്ചലേക്കും നമുക്ക് അത് ഗീതയാ കഥയെ നടക്കരുത് ഭാഗതമാർന്നാലും കഥ നോർത്ത് എല്ലാം പോന്നാലും അപ്പതാ എല്ലാം കഥ കഥയൊള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ കഥയാണ് ഭഗവത്കഥ കഥ എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ ധരിക്കണത് സ്റ്റോറി എന്നാണ് ചരിത്രം സ്റ്റോറിയല്ല കഥിക്കപ്പെടുന്നത് ഭഗവത് കഥ എന്ന് പറയണതിൽ സ്റ്റോറിയുമുണ്ടാവും അതായത് ചരിത്രമുണ്ടാവും സ്തുതികളും ഉണ്ടാവും ഉപദേശമും ഉണ്ടാവും അപ്പൊ ഗീതയും കഥ തന്നെയാണ് മ കഥയമമമ കഥകളതി സാദറും പറയാ കഥകള് പറയൂന്നാണ് ആ കഥകള് കേൾക്കണത് ഭാവസംശുദ്ധിയെ ഉണ്ടാക്കും നമ്മള് അവസാന വാക്കു പറഞ്ഞ തത്താണ് തപസ്സിന്റെ പരിപാകം തന്നെ എന്താ ഭാവസംശുദ്ധി ശാരീരിക തപസ് മാനസ തപസ് വാശിക തപസ് എല്ലാം കഴിഞ്ഞപ്പോ എന്ത് കിട്ടി ഭാവസംശുദ്ധി ഭാവമണ്ഡലം സംശുദ്ധമായിട്ട് തീർന്നു ഭക്തിയുടെ പ്രയോജനം തന്നെ എന്താ ഭാവസംശുദ്ധി ഹൃദയത്തിന് ശുദ്ധമാക്കണം ഭക്തിയാകുന്ന അമ്മ ഹൃദയത്തിനെ ശുദ്ധമാക്കണം ഭക്താർബകം രക്ഷത്തി ഭക്തനാകുന്ന കുട്ടിയെ ഭക്തിയാകുന്ന അമ്മ ഭഗവത് അനുഭൂതിയാകുന്ന പാൽ കൊടുത്ത് രക്ഷിക്കുന്നു എന്താ പാലിന്റെ പ്രയോജനം എന്ന് വച്ചാൽ ഭാവസംശുദ്ധി ഹൃദയശുദ്ധി ആ ഭാവസംശുദ്ധിക്ക് മുൻകൂട്ടി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പൂജ ജപം ധ്യാനം സങ്കീർത്തനം ശൌചമാർജവം ബ്രഹ്മചര്യം अनुद्वेगकरं വാക്യം സത്യവാചനം പ്രിയമായിട്ടുള്ളത് സ്വാധ്യായാഭ്യസനം ഭഗവന്നാമജപം മനസ്സിനെ പ്രസന്നമായിട്ട് വെച്ചുകൊണ്ടിരിക്കുക എല്ലാറ്റിനുമേലെ വലിയ സാധന യോഗിത്ത വൃത്തി നിരോധ ചിത്തത്തിലെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കണു സംയമം ചെയ്യാം വിക്ഷിപ്തമാക്കാതിരിക്കുക മനഃപ്രസാദ ഈ അമ്പലത്തിൽ പോയാൽ പ്രസാദം കിട്ടും ചാപ്പിടാനുള്ള പ്രസാദം ഇത് അകമേക്കുള്ള പ്രസാദം മനസ്സിന് പ്രസന്നത തെളിവ് ഒരു തെളിച്ചം മനഃപ്രസാദാം സൗമ്യത്വം നല്ല ശാന്തി മൗനം ഒരു മൗനം നിശ്ചലത മുനിയുടെ ഭാവം ഒരു ഭാവത്തിൽ ഭഗവാനെ ധ്യാനിച്ചാൽ ആ ഭാവം ഇയാളിൽ നിന്നും വേറെ ഒരാളിലേക്ക് സംക്രമിക്കണതുണ്ടല്ലോ ആ സംക്രമിക്കുന്ന ശക്തിയാണ് മൗനം മുനേഹേ ഭാവ ഭാവസംശുദ്ധി തന്നെയാണ് മൗനം ഒരാളുടെ സന്നിധിയിൽ ഏർപ്പെടുന്ന ഒരു സുഖം ഹനുമാൻ സുന്ദരകാണ്ഡത്തിലെ മരത്തിന്റെ മോള് ശിംഷിപ്പാവൃക്ഷത്തിന്റെ മോള് വന്നിരിക്കണു സീതയെ കാണുന്നു കുറെ നേരം കണ്ട് കണ്ട് നിരൂപിച്ച് ഇത് സീത തന്നെ എന്ന് തീരുമാനിച്ചു സീതയുടെ നൈർമല്യം കണ്ട് ഇത് സീതാദേവി തന്നെയാണ് തീരുമാനിച്ച് കുറച്ചുനേരം രാവണൻ വരണതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ആ മരത്തിന്റെ ചില്ലകൾക്കിടയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു കണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ് എല്ലാ തിരക്കൊഴിഞ്ഞ് രാക്ഷസികളൊക്കെ ഉറങ്ങാൻ തുടങ്ങി അപ്പ പതുക്കെ സീത കേൾക്കുന്ന രീതിയിൽ മധുരമായിട്ട് രാമകഥയെ പാടി അപ്പ സീത നോക്കുകയാണ് ഇത്ര മധുരമായിട്ട് ആരാ പാടണത് ഇത്ര ഹൃദ്യമായ ഒരു ശബ്ദത്തിൽ ആര് പാടുന്നു ഇവിടെ രാമകഥ പാടുന്ന ആളാര് അങ്ങനെ നോക്കി സുന്ദര കണ്ടത്തിൽ വളരെ മുഖ്യമായ ഒരു സന്ദർഭമാണത് അങ്ങനെ ചുറ്റും പരത്തി പരത്തി നോക്കുമ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ സന്ധ്യാകാലത്തിലൊക്കെ ഈ മരത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ സൂര്യനെ കാണും അതെ മരത്തിന്റെ കൊമ്പിന്റെ ഇലകൾക്കിടയിൽ കൂടെ ഉദിച്ചു സൂര്യനോ അസ്തമിക്കുന്ന സൂര്യനോ പ്രകാശമാനമായിട്ട് സുവർണമയത്തില് സുവർണമയ ആദിത്യം അങ്ങനെ കാണും അതുപോലെ സീതാദേവി ഇങ്ങനെ നോക്കിയപ്പോ മരക്കൊമ്പുകൾക്കിടയിൽ ഇലകൾക്കിടയിൽ ദദർശ പിങ്കാധിപതേരമാത്യം വാതാത്മജം വാനറയൂഥ മുഖ്യം ധ്യാന സന്ദർഭാണത് എന്താന്ന് വച്ചാൽ രാമനെ പിരിഞ്ഞിരുന്ന് പിരിഞ്ഞിരുന്നിട്ട് വിഷമിച്ച് വിഷമിച്ച് ആദ്യമായിട്ട് ഹനുമാനെ കാണും ഇത് താത്വികമായിട്ട് പറഞ്ഞാൽ ഒരു ജീവൻ സംസാരത്തില് ഈശ്വരനെ പിരിഞ്ഞിരുന്ന ആ വിരഹത്തില് വിഷമിച്ച് വിഷമിച്ച് ഇരുന്നിട്ട് ആദ്യമായി സദ്ഗുരുവിനെ കാണുമ്പോൾ ഒരു സുഖം ഒരു ആനന്ദ ഉള്ളില് വരുന്നു ആ ഗുരുവിന്റെ ദർശനത്തില് ഒരു ആനന്ദ ഉള്ളിൽ വരുന്നു എന്താന്ന് വെച്ചാൽ ഗുരുദർശനം എൻ അരുണോദയം പോലെ സൂര്യോദയം പുറകെ വരും അല്ലേ അതുപോലെ ആത്മസാക്ഷാത്കാരം അധികം വൈകാതെ ഈ ജീവൻ ഉണ്ടാവാൻ പോണു എന്നുള്ളതിന് ഒരു ഒരു ഇന്റിമേഷനാണത് അപ്പൊ അവിടെ ഹനുമാനെ കാണുമ്പോ ദദർശ കണ്ടു പിധിപതേരമാത്മജം വാനരയൂഥ മുഖ്യം വേഷ്ടിതാർജുനവസ്ത്രം തം വിദ്യുത്സംഘാത പിങ്കളം അല്ല ഇടിമിന്നൽ പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഹനുമാൻ അതിൻ്റെ ഉള്ളില് നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് ഇടിമിന്നൽ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യുത്സംഘാത പിങ്കളം ദദർശ പിങ്കാധിപതേരമാത്യം വാദാത്മജം വാനരയൂഥ മുഖ്യം കണ്ടു കണ്ടിട്ട് അടുത്ത മൊമെന്റ് സീതയ്ക്ക് സംശയം ഇവിടെ എങ്ങനെ ഇങ്ങനെ ഒരു രൂപം ഈ ലങ്കയില് ഇത് സാധ്യമാണോ അല്ലേ ജീവന് സംസാരത്തിലെ ലൌകികന്മാർക്കിടയിൽ ഒരു ജീവൻമുക്ത പുരുഷനെ കാണുമ്പോ അതൊക്കെ സാധിക്കോ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു ഈ വിഷമത്തിന്റെ ഇടയില് ഭാഗവതത്തില് പറയുന്നു കാട്ടു കാട് മുഴുവൻ തീ ആ കാട്ടു തീയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന ആനയെ പോലെ നിങ്ങളും മാത്രം എങ്ങനെയത്ര സുഖമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണത് എന്ന് ചോദിക്കുകയാണ് ഒരു അടുത്ത് രാജാവ് യതു മഹാരാജാവ് ജനേഷു ദഹ്യമാനേഷ് നെ അഗ്നിഭസ്തീപ അതുപോലെ സീതയ്ക്ക് ഹനുമാനെ കാണുമ്പോ ഈ ലങ്കയിൽ പലതരത്തിലുള്ള ആളുകളെ കാണ്ട് ചുറ്റുമിരിക്കണത് രാക്ഷസികളാണ് വ്യത്യസ്തേന്ദ്രിയകളായിട്ടുള്ള രാക്ഷസികള് എന്നാണ് മൂക്ക് തലയില് കണ്ണ് താടിയില് എന്നൊക്കെയാണ് വാത്മിക്ക് പറയണത് ഭയങ്കര ഭയങ്കര രൂപത്തിലുള്ള രാക്ഷസികള് ഇവരെയൊക്കെ കണ്ട് സീത വിഷമിച്ചിരിക്കുമ്പോഴാണ് ആഞ്ജനേയസ്വാമിയെ ഹനുമാനെ കാണുന്നത് പ്രശാന്തമായ മുഖം ശ്രീരാമനെ പറഞ്ഞു ഇതുപോലൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കിഷ്കിന്താ ഹനുമാനെ ആദ്യം കാണുമ്പോ ലക്ഷ്മണന്റെ അടുത്ത് പറയാണ് ഇതുപോലൊരു വതനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രാമനാണ് ഹനുമാനെ പറഞ്ഞത് കയ്യില് വാളെടുത്തവൻ പോലെ ഇവനെ കണ്ടാൽ ചുവട്ടിലിട്ട് കളയും അത്ര പ്രശാന്തി അത്ര പൂർണത്വം മുഖേ നേത്രയോട്ടേശ്ചുവോസ്താ അന്യേഷു അപ്പിച്ച അങ്കേഷു ദോഷ സംവിധിത മുഖത്തിലോ കണ്ണിലോ നെറ്റിയിലോ എവിടെ ഒരു ദോഷമില്ലേ അപ്പാ എന്ന് രാമൻ ലക്ഷ്മണനോട് പറയാ സീതാദേവി ആഞ്ജനേയസ്വാമിയെ കണ്ടു പക്ഷെ അടുത്ത ക്ഷണത്തിലെ സംശയം രാവണനായിരിക്കുമെന്ന് എല്ലാണ്ട് മനഃപ്രസാദ നല്ല പ്രസന്നമായ മനസ്സ് സൗമ്യത്വം വളരെ സൗമ്യമായ ശബ്ദം മൗനം ഹനുമാൻ ഒരു മുനിയാണ് ആത്മവിനിഗ്രഹ ഇന്ദ്രിയനിഗ്രഹം ഭാവസംശുദ്ധി എല്ലാം ഉണ്ടായിരുന്നിട്ടും സീതയ്ക്ക് സംശയം ഇത് രാവണനായിരിക്കോ ആഞ്ജനേ സ്വാമി മുമ്പില് ചാടി അടുത്തേക്ക് വരുമ്പോറും സീതയ്ക്ക് സംശയം പക്ഷേ കുറച്ചുനേരം കഴിഞ്ഞപ്പോ സീത തീരുമാനിച്ചു ഇത് അസുരനോ രാക്ഷസനോ ഒന്നും ആവാൻ പറ്റില്ല എന്താ കാരണമെന്നുവച്ചാൽ അവിടെ ഇരിക്കുമ്പോ തന്നെ ഫസ്റ്റ് കാണുമ്പോ തന്നെ മനസ്സ് പ്രസന്നമായി ഇവ ഇറങ്ങി വരുമ്പോ അടുത്ത് വരുന്തോറും മനസ്സിലൊരു ശാന്തി ശാന്തി ശാന്തി ശാന്തി ഉള്ളിലൊരു പ്രീതി ഒരു സാത്വികമായ ഒരു ആനന്ദം അപ്പോ ഹനുമാനെ കണ്ടു പറയാണ് വിക്രാന്തസ്ത്വം സമർത്ഥസ്ത്വം പ്രാജ്ഞസ്ത്വം വാനറോത്തമാഖ്യാതാക്കൾ പറയും വ നീ വന്ന് ഒരു വാനരനല്ല നിന്റെ സന്നിധിയിൽ മനസ്സോഹി മമപ്രീതി ഉത്പന്നാത്ത അവദർശനാത എന്നെ കാണുമ്പോ എനിക്ക് മനസ്സ് പ്രസന്നമാവണ് പ്രീതമാണ് ശാന്തമായി ഈ ശാന്തി കൊണ്ട് മഹാപുരുഷത്വം ഊഹിച്ചെടുത്തു സീതാദേവി ഈ മുമ്പിൽ നിൽക്കണത് മഹാപുരുഷനാണെന്ന് ഊഹിച്ചെടുത്തു സീത മാത്രല്ല രാവണൻ പോലും ഞാനിപ്പോ ഗീത പറയണോ രാമായണം പറയണോ ചോദിക്കരുത് എന്റെ എന്തോ അതോ ഓർമ്മ വരണോ ഞാൻ പറയണു അത്രേയുള്ളൂ സാന്ദർഭികമായിട്ട് രാവണന്റെ സഭയിലേക്ക് ഹനുമാനെ കൊണ്ടുപോകുമ്പോ രാവണൻ പറയും ആ കുരങ്ങനെ കെട്ടി വലിച്ചുകൊണ്ടുവരൂ വാലിൽ തീ വെക്കാനൊക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് വലിച്ചുകൊണ്ടുവരുമ്പോ സഭയിലേക്ക് കൊണ്ടുവരുമ്പോ രാവണനാണ് ആദ്യം എഴുന്നേറ്റ് നിക്കണത് ഹനുമാനെ കാണുമ്പോ ആദ്യമായിട്ട് രാവണൻ തന്നെ ഇരിക്കുന്ന സീറ്റിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് വാൽമീകി രാമായണമാണ് മറ്റ് രാമായണങ്ങളാണെങ്കിൽ കുറെ വിശേഷം ഉണ്ടാവും എന്ന് പറയാം വാൽമീകി എഴുതുമ്പോ തന്നെ പറയണത് ഹനുമാനെ കാണുമ്പോൾ വാൽമീകി രാമനെ പോലും എവിടെയും അവതാരപുരുഷൻ വിഷ്ണു എന്നൊന്നും അധികം പറഞ്ഞില്ല പക്ഷെ ഹനുമാനെ രാവണൻ കാണുന്ന സ്ഥലത്ത് വാൽമീകി പറഞ്ഞു രാവണൻ സംശയിക്കുകയാണ് നന്ദികേശ്വരനാണല്ലോ നന്ദികേശ്വരനാണല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത് ഇപ്പൊ നോക്കൂ ഈ കഥ പറയുമ്പോ തന്നെ ഭാവസംശുദ്ധി എത്ര പേരുടെ മുഖത്ത് കാണേണ്ടറിയോ ഞാൻ ഇതിനാണ് കഥ പറയണത് അതൊരു ടാബ്ലറ്റ് ആണ് ഭഗവത് കഥ ഋഷികൾ എഴുതുമ്പോൾ ആ കഥാശ്രവണം ചെയ്യുമ്പോൾ ചിത്രം നിർമ്മലമാവും ശാന്തമാവും പ്രസന്നമാവും ഉള്ളിലൊരു സന്തോഷമുണ്ടാവും മനസ്സ് നിർമ്മലമാവും അകർദമിതം തീർത്ഥം ഭരദ്വാജ നിശാമയ രമണീയം പ്രസന്ബൂ സന്മനുഷ്യ മനോയഥ വാൽമീകിക്ക് നാരദൻ കഥ പറഞ്ഞുകൊടുത്തു രാമായണ കഥ ഇവിടെ നമ്മുടെ ബ്രാഹ്മണ സഭയില് രാമായണം പറയിപ്പിക്കണം എന്നൊരു സങ്കല്പുണ്ടായിരുന്നു അതാണ് ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കണത് കുറച്ച് അവർക്ക് വരാൻ സാധിച്ചില്ല വാൽമീകിക്ക് നാരദ മഹർഷി സംഗ്രഹമായി ചുരുക്കി രാമകഥയെ പറഞ്ഞുകൊടുത്തു ആ കഥ കേട്ട് മനസ്സ് പ്രസന്നമായി നിർമ്മലമായി വാൽമീകി തമസാനദിയുടെ തീരത്തിൽ പോയി നിൽക്കുകയാണ് സുന്ദരമായ വനം കിളികൾ കൂജനം ചെയ്ത് പറക്കുന്നു മയിലുകൾ പീലി വിരിച്ച് ആടിക്കൊണ്ടിരിക്കുന്നു കളകളാരവത്തോടെ ആ തമസാനദി ഓടിക്കൊണ്ടിരിക്കുന്നു ആ നദിയെ കണ്ട് വാൽമീകി നിന്നിട്ട് പറയാണ് അടിയിലുള്ള മണല് കാണുന്നു അത്ര നദിയില് അത്ര തെളിച്ചം ഇപ്പൊ നമുക്ക് മണല് മാത്രമേ കാണുള്ളൂല്ലേ മണലും ഇല്ല മണലും ഇല്ല ആത്മീക്ക് പറയണു ഇത് കണ്ട അകർദമിതം തീർത്ഥം ഭരദ്വാജന്റെ അടുത്ത് പറയാണ് കൂടെയുള്ള ശിഷ്യൻ ഹേ ഭരദ്വാജ അകർദമിതം തീർത്ഥം ഭരദ്വാജനിഷാമയ രമണീയം പ്രസന്നാംബൂ സന്മനുഷ്യമനോയഥ പ്രസന്നമായി തെളിഞ്ഞിട്ടുള്ള ഈ തമസാനദി ഉണ്ടല്ലോ നല്ല മനുഷ്യരുടെ ചിത്തം പോലെ മനസ്സു പോലെ തെളിഞ്ഞിരിക്കണോന്നാണ് എന്നെ കണ്ട നേരെ ഉള്ളിൽ കാണും നോക്കിയാ നേരെ ഹൃദയം വരെ അറിയും സന്മനുഷ്യമനോയഥ കഥാശ്രവണത്തിന്റെ ഫലമാണ് വാൽമീകിക്ക് അപ്പം തന്നെ അങ്ങനെ ഒരു സന്തോഷം തോന്നി വാൽമീ രാമായണമുള്ളൂ എന്ന് പറഞ്ഞത് മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹാം ഭാവസംശുദ്ധിരിത്യേത തപ്പോ മാനസമുചത്തെ മനസ്സിന് പ്രസന്നത സൗമ്യത്വം ഹൃദയത്തിലെ ഒരു സ്വപ്നം മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണും